പ്രമാതൃത്വം എന്ന് പറയുന്നത് പ്രമാകർത്തൃത്വം പ്രമാകർത്താണ് പ്രമേയം ഉണ്ടാക്കുന്നതിനാണ് പ്രമാതാവ് ആ കർത്തൃത്വം പ്രമേയം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് എന്താണ് അത് സ്വതന്ത്രകർത്ത എന്ന് പറയുന്നത് കർത്തൃത്വ സ്വാതന്ത്ര്യം അയാളുടെ സ്വാതന്ത്ര്യത്തിന് അധീനമാണ് പ്രമ അത് മറ്റ് കാരകങ്ങളൊന്നും നിയോഗിക്കാതിരിക്കുകയും എന്നാൽ കർത്താവിന്റെ സ്വാതന്ത്ര്യം സ്വന്തം പ്രയോജനം പ്രമാണത്തെ പ്രയോജനീയം പ്രവർത്തിപ്പിക്കേണ്ടതാണ് കർത്താവ് സ്വതന്ത്രനാണെന്ന് പറഞ്ഞു അങ്ങനെ സ്വതന്ത്രനായ കർത്താവ് പ്രമയ്ക്ക് കർണമായിരിക്കുന്ന പ്രമാണത്തെ പ്രവർത്തിപ്പിക്കേണ്ടതാണ് എന്നുവെച്ചാൽ വ്യാപാര മന്ദിരയുടെ കരണം പ്രയുക്തമർഹതി സ്വവ്യാപാര മന്ദിരം അപ്പൊ കർത്താവ് എന്ത് ഒരു കർണത്തെ പ്രയോഗിക്കാൻ അങ്ങനെ പറ്റത്തില്ല ബാണത്തെ പ്രയോഗിക്കണമെങ്കിൽ രാമനായ കർത്താവ് പ്രവർത്തിക്കണം രാമന്റെ പ്രവൃത്തി ഉണ്ടെങ്കിലേ ബാണെ പ്രയോഗിക്കാൻ പറ്റും അപ്പോ പ്രമാതാവിൽ പ്രവൃത്തി വേണം പ്രമാതാവ് കർത്താവ് കർത്താവിലെപ്പോഴും പ്രവൃത്തി വരും കർത്താവിൽ പ്രവൃത്തി വന്നാൽ അതിന് കർണത്തെ ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ പ്രമേയുടെ കർത്താവാണ് പ്രമാതാവ് ഇപ്പൊ പ്രമാതാവിൽ പ്രവൃത്തി നടന്നാല് ആ പ്രമാതാവിന് പ്രമാണുകളെ ഉപയോഗിക്കാൻ പറ്റും അതാണ് പ്രമാതൃത്വം എന്ന് പറയുന്ന പ്രമേയ കർത്തൃത്വം എന്ന് പറയുന്നത് പ്രമാതാവ് കർത്താവ് ആയിരിക്കണം ആയിരിക്കണം എന്ത് വേണം പ്രമാതാവ് പ്രവർത്തിക്കണം പ്രമാതാവ് പ്രവർത്തിച്ചാൽ എന്ത് കഴിയുമോ പ്രമാണത്തെ ഉപയോഗിക്കാൻ ഇവിടെ പ്രമാതാവ് എന്ന് പറയുന്നത് പ്രമാ എന്ന് പറയുന്ന ഫലത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ആളാണ് അങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ ആ പ്രമാതാവ് ഇന്ദ്രിയങ്ങളാകുന്ന കർണങ്ങളെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മറ്റ് പ്രമാണങ്ങളാകുന്ന കർണങ്ങളെ ഉപയോഗിക്കുന്നു അതാണ് ഇവിടെ പറയുന്നത് പ്രവർത്തിക്കാത്ത ഒരു പ്രമേയം ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത് ഞാൻ തത് അനേന കർത്താവിനാൽ പ്രമാകരണം പ്രയോജനം പ്രമാണത്തെ പ്രയോഗിക്കുന്നു അത് പ്രയോഗിക്കണം കർത്താവിൽ പ്രവൃത്തി വേണം എന്നാൽ പറയുന്നു പ്രമാതാവിൽ പ്രവൃത്തി എന്നുവെച്ചാൽ സു വ്യാപാരമന്ദിരാണ് കരണം പ്രയോഗിക്കുന്നത് പ്രമാതാവ് കർത്താവ് പ്രയോഗിക്കാൻ കഴിയില്ല രാമൻ പ്രവർത്തിച്ചാലേ ബാണത്തെ അയക്കാൻ പറ്റും നിത്യ ചിതാത്മ അപരിണാമം സ്വഭോ വ്യാപാരവും ഇവിടെ ആത്മാവിനെ കുറിച്ച് പറയുന്നത് എന്താണ് അത് കൂട്ടസ്ഥമാണ് വികാരപ്പെടാത്തത് നിത്യമാണ് ചിതാത്മാവാണ് ചിത് സ്വരൂപമാണ് ആ പരിണാമിയാണ് ഇത് പരിണാമം സംഭവിക്കാത്തതാണ് ഇവിടെ പ്രമാദാവ് എന്ന് ആരെയാണ് എന്നാണ് ചോദിക്കുന്നത് പ്രമാതാവ് എന്ന് പറയുന്നത് കൂട്ടസ്ഥമായ ആത്മാവാണെങ്കിൽ അതിൽ പ്രവൃത്തി നടക്കും കൂടസ്ഥമായ ആത്മാവെന്ന് പറഞ്ഞാൽ അതിന് വ്യാപാരം നടത്തി കൂടസ്ഥനിത്യചിതാത്മാഅരിണാമി കൂടസ്ഥനിത്യനായിരിക്കുന്ന ഉച്ഛസ്വരൂപനായിരിക്കുന്ന പ്രണാമമുണ്ടാകനായ ആത്മാവ് സ്വത്തോ വ്യാപാരവാൻ സ്വയം അത് വ്യാപാരം സംഭവിക്കില്ല പ്രമാവ് ആരാണോ കൂടസ്സന്നിത്യനായ ആത്മാവാണോ എന്നാണ് ചോദിച്ചത് തസ്മാരവത് ബുദ്ധിയതി താദാമ്യ അധ്യാസ പ്രമാണിതം അർഹതീരി പുരുഷവിഷയത്വം അവിദ്യവാൻ പുരുഷാശ്രയത്വം പ്രമാണ അപ്പൊ നേരത്തെ പറഞ്ഞെന്താണ് അവിദ്യ ഉള്ള പുരുഷനെ ആശ്രയിച്ചാണ് പ്രമാണങ്ങളിരിക്കുന്നതെന്നും ആ പ്രമാണങ്ങളിൽ നിന്നാണ് പ്രമേയം ഉണ്ടാകുന്നതെന്നും അവിടെ ഒരു പ്രശ്നം പറഞ്ഞത് അവിദ്യയുള്ള പുരുഷനെ ആശ്രയിച്ചിരിക്കുന്ന പ്രമാണങ്ങളിൽ നിന്ന് ക്രമ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ക്രമ എന്ന് പറയുന്നത് അവിദ്യയെ നശിപ്പിക്കുന്നതാണ് പരസ്പര വിരുദ്ധമാണ് അവിദ്യയെ ആശ്രയിച്ചിട്ട് അവിദ്യക്ക് വിരുദ്ധമായ വിദ്യ എങ്ങനെ ഉണ്ടാവും അവിദ്യയുടെ വിരുദ്ധമാണെന്താ വിദ്യ അവിടെ പരസ്പര വിരോധം ഉണ്ടെന്നുള്ള കാര്യമാണ് ആദ്യം പറഞ്ഞത് ഇപ്പൊ പറയുന്നത് എന്താണ് ഈ അവിദ്യ എന്ന് പറയുന്നത് ഉപകാരിയാണ് വിരോധം മാത്രുന്നത് ഉപകാരമാണ് എന്തുകൊണ്ട് അവിദ്യയെ അവിദ്യ ഇരിക്കുന്നവനെ ആശ്രയിക്കുന്ന പ്രമാണങ്ങളിൽ നിന്നെ വിദ്യ ഉണ്ടാകത്ത അപ്പോ അവിദ്യക്കൊരേ സമയം രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നെന്താണ് അത് വിരോധിയാണ് മറ്റൊന്നെന്താണ് അത് ഉപകാരി എന്തുകൊണ്ട് ആ വിദ്യയാണ് കാരണമായി രണ്ടുവാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത് തസ്മാൻ വ്യാപാരവത് ബുദ്ധ്യാദി താതാദ്യാസം കൂടസ്ഥമായിരിക്കുന്ന ബ്രഹ്മത്തിൽ പ്രവൃത്തിയില്ല സമ്മതിച്ച് അത് സംഭവിക്കത്തില്ല പക്ഷെ ുദ്ധിയിലും മറ്റും വ്യാപാരങ്ങൾ നടക്കും കർണങ്ങളിലും ബുദ്ധിയിലും എല്ലാ പ്രവൃത്തിയും നടക്കും വ്യാപാരം വെച്ചാൽ നടക്കും അപ്പൊ പ്രമാതാവ് സ്വതന്ത്രനായിരിക്കണം എന്ന് പറഞ്ഞാൽ പ്രമാതാവിൽ പ്രവൃത്തി നടക്കും കൂടസ്ഥൻ ആണെങ്കിലും അത് പ്രവൃത്തി നടക്കില്ല അപ്പൊ അത് പ്രമാതാവും പിന്നെ പ്രമാതാവ് ആരാണോ പ്രവൃത്തി നടക്കുന്നത് അതായിരിക്കണം പ്രമാതാവ് പറയുന്നു ബുദ്ധി തുടങ്ങിയ കാരണം ഇന്ദ്രിയങ്ങളെല്ലാം പ്രവൃത്തിയുണ്ട് ആ പ്രവൃത്തിയോട് താതാത്മ്യപ്പെടുന്നവര് തസ്മ വ്യാപാരവത് ബുദ്ധിയാതി താതാത്മ്യ അധ്യാസ പ്രവൃത്തിയുള്ളതായ ബുദ്ധിയാദിയോടുള്ള താതാത്മ്യമാകുന്ന അധ്യാസമാണ് പ്രമാണം അധിഷ്ഠാതുമർഹതി പ്രമാണങ്ങൾ പ്രമാതാവിനെ ആശ്രയിക്കുന്നു പ്രമാതാവിൽ അധിഷ്ഠിതമാണ് പ്രമാണങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങൾ പ്രമാതാവിനെ ആശ്രയിക്കുന്നു അപ്പോ എന്താണ് പ്രവൃത്തിയോടെയിരിക്കുന്നു ബുദ്ധി സിതാത്മാവ് എന്ത് ചെയ്യുന്നു അതിനോട് താതാത്മ്യപ്പെടുന്നു താതാന്മ്യപ്പെട്ടാ എന്ത് സംഭവിക്കുക അവിടെ പ്രമാദം ഉണ്ടാവും അപ്പൊ പ്രമാതാവിൽ പ്രവൃത്തി സംഭവിക്കാം താതാത്മ്യങ്ങൾ പുതിയ താതാത്മ്യങ്ങൾ സ്വതേ പ്രമാതാവിന്റെ സ്വരൂപം കൂടസ്ഥനായിട്ട് മനസ്സിലാക്കി അവിടെ പ്രവൃത്തി സംഭവിക്കുക അപ്പോ പ്രവൃത്തിക്ക് എന്ത് വേണം ായിരിക്കുന്ന ചിതാത്മാവ് പ്രവൃത്തിയുള്ള ബുദ്ധിയുമായിട്ട് താഥാമ്യം വരുമ്പോഴാണ് എന്തു വരുന്നത് പ്രമാതാവ് വരുന്നത് ആ പ്രമാതാവിനാണ് പ്രമാം പ്രതി ആ പ്രമാതാവിനാണ് പ്രവൃത്തിയിൽ സ്വാതന്ത്ര്യമുള്ളത് ആ പ്രമാതാവ് ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് കരണങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് പ്രമേ ഉണ്ടാവുന്നത് ഇത്രയും ഇവിടെ സംഭവിക്കുകയാണ് കൂടസ്ഥനായിരിക്കുന്ന ചിതാത്മാവ് എങ്ങനെ പ്രമാതാവ് പറയുന്നു അതല്ലായിരുന്നു ഇതെങ്ങനെ അത് ബുദ്ധിയുമായിട്ട് സാധാരണത്തിൽ വന്നു കഴിയുമ്പോ ബുദ്ധിക്ക് പ്രവൃത്തിയുള്ളതുകൊണ്ട് വ്യാപാരമുള്ളതുകൊണ്ട് ആ താതാർമ്യത്തിൽ കൂടസ്ഥനും വ്യാപാരത്തെ കല്പിക്കണം അപ്പോൾ കൂടസ്ഥനും കൂടസ്ഥനും നല്ല എങ്ങനെ പ്രമാതാവ് അപ്പോൾ ആ പ്രമാതാവിന് സ്വാതന്ത്ര്യമുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് ആ പ്രമാതാവ് കർണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ആ പ്രമാതാവിന് എന്തുണ്ടാവും പറയുന്നത് അതാണ് തസ്മാൻ വ്യാപാരവത് ബുദ്ധിയാദി താതാത്മ്യ അധ്യാസ വ്യാപാരവത്തായ ബുദ്ധിമുതലായുമായിട്ടുള്ള താതാത്മ്യ അധ്യാസം കൊണ്ട് പ്രമാണം അധിഷ്ഠാതം അർഹതി പ്രമാണം എന്ത് ചെയ്യുന്നു പ്രമാതാവിനെ ആശ്രയിച്ചു ഇത് ഭവതി അവിദ്യാവത് പുരുഷ വിഷയത്വം അതുകൊണ്ടാണ് അവർ പറഞ്ഞത് അവിദ്യാവത് പുരുഷ വിഷയത്വം അവിദ്യയുള്ള പുരുഷൻ ആശ്രയമായിരിക്കുന്നു എന്ത് അവിദ്യയുള്ള പുരുഷൻ ആശ്രയമായിരിക്കുന്നു എന്താണ് അപ്പൊ ഇവിടെ അവിദ്യയുള്ള പുരുഷൻ എന്ന് പറയുന്ന ആരെ പ്രമാതാവിനെ അല്ലെങ്കിൽ കൂടസ്ഥനെന്ന് പറയുന്നു പോകുന്ന കൂടസ്ഥൻ മറ്റൊന്ന് ബുദ്ധ്യാദികൾ കൂടത്ത് നിശ്ചലമായിരിക്കും ബുദ്ധിയാദികൾ വ്യാപാര നിറം ഈ രണ്ടിൽ താതാത്മ്യ അത്യാസം രണ്ടും കൂടെ വരുമ്പോൾ ഇവിടെ മറ്റൊന്ന് സംഭവിക്കുന്നു അതിനേന്ന് പറയുന്നു പ്രമാതാവ് ആ പ്രമാതാവ് എന്ത് ചെയ്യുന്നു ഈ കർണങ്ങളെ പ്രവർത്തിപ്പിച്ചിട്ട് ആ പ്രമാതാവിനെന്തോരുന്നു പ്രമേയം ഉണ്ടാവുന്നു ഇതാണ് പറയുന്നത് അവിദ്യാവപുരുഷ വിഷയത്വം എന്ന് പറഞ്ഞാൽ വിഷയത്വത്തിന്റെ അർത്ഥം പറയുന്നത് അവിദ്യ പുരുഷാശ്രയത്വം പ്രമാണമാണ് അപ്പോ അവിദ്യ എന്ന് പറയുന്നത് ഒരു എന്താണ് ഗുണ കൊണ്ട് ദോഷമാണ് അവിദ്യ ആശ്രയിച്ച് പ്രമേയുണ്ടാകുന്നു എന്ന് പറയുന്നത് ഒരു ഗുണമാണ് എന്നാൽ ആ പ്രമാ അവിദ്യയെ നശിപ്പിക്കുന്നു എന്ന് പറയുന്ന അവിദ്യയുടെ ദോഷമാണ് അത മാ പ്രവർത്തിക്ഷത പ്രമാണാൻ കിം നഛിഹ്നം ഇനി പ്രമാണങ്ങൾ പ്രവർത്തിക്കേണ്ട മാവർത്തിഷത പ്രവർത്തിക്കേണ്ട അതാ ചോദ്യത്തിലാണ് പ്രമാണങ്ങൾ പ്രവർത്തിക്കേണ്ട പ്രത്യക്ഷ അനുമാന വിമാന കിം നഹചിഹ്നം നമുക്കെന്താ നഷ്ടം അദ്ദേഹിക്കതുകൊണ്ട് എന്താ ദോഷം അദ്ദേഹിക്കു കൂടസ്ഥം നിത്യമായ ബ്രഹ്മം മതിയുള്ളൂ പ്രമാണങ്ങളൊക്കെ എന്തോക്കണം കിം നഹച്ചിഹ്നം നമുക്കെന്താണ് നഷ്ടം ഇത്യദേഹ അത് മറോട് പറയുന്നു ണി അനുപാതായ പ്രത്യക്ഷാദി വ്യവഹാര സംഭവ ഇന്ദ്രിയാണി അനുപാതായ ഇന്ദ്രിയാദികൾ പ്രവർത്തിക്കാതെ അനുപാതായെന്ന് വെച്ചാൽ പ്രവർത്തിക്കാതെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാതെ ഇന്ദ്രിയാണി ി അനുബല തുടങ്ങിയ പ്രമാണങ്ങൾ ഇന്ദ്രിയുള്ള എല്ലാ പ്രമാണങ്ങളെയാണ് അനുപാതായ പ്രവർത്തിക്കാതെ പ്രത്യക്ഷാദിയ പ്രത്യക്ഷാദി എന്നുള്ള എല്ലാ പ്രമേയം പ്രത്യക്ഷം ശബ്ദം അനുപരത്തില്ല പ്രവർത്തിക്കാതെ പ്രത്യക്ഷം തുടങ്ങിയല്ല ഇന്ദ്രിയളിന്റെ അനുപാതായ പ്രത്യക്ഷാധികാര സംഭവത്തി God bless you. ഇന്ദ്രിയാദീനി ഇന്ദ്രിയാദികൾ പ്രമാണങ്ങൾ പ്രവർത്തിക്കാതെ പ്രത്യക്ഷാദി ഭ്രമ സംഭവിക്കില്ല എന്നാണ് പറയുന്നത് പ്രത്യക്ഷാതി വ്യവഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിജ്ഞ അഭിവദനം ഉപാദാനം അർത്ഥക്രിയ ശബ്ദപ്രയോഗം അറിയുക ഗ്രഹിക്കുക പ്രവൃത്തി ഇതിനെയാണ് പുതിയ വ്യവഹാരമെന്നു പറയുന്നത് അഭിജ്ഞ അഭിവദനം അർത്ഥക്രിയ ഉപാദാനം അർത്ഥക്രിയ പക്ഷെ ഇവിടെ വ്യവഹാരം എന്ന് പറഞ്ഞാൽ അതൊന്നും അല്ല എഴുതിയുണ്ട് വ്യവക്രിയയിലെ വ്യവഹാര ഫലം എന്തുകൊണ്ടാണോ എല്ലാ വ്യവഹാരങ്ങളും നടക്കുന്നത് അതിന് വ്യവഹാരം നടക്കുന്നത് അതിന് ഫലം പ്രമ ഇപ്പൊ പ്രത്യക്ഷാദി വ്യവഹാരം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷാദി പ്രമാണങ്ങളുടെ ഫലം പ്രമ അതിനോട് പ്രത്യക്ഷാദി വ്യവഹാരം എന്ന് പറയുന്നത് പ്രത്യക്ഷം എന്ന് പറയുന്നത് പ്രമാണത്തെടുത്താൽ പ്രമേയം ഇവിടെ പ്രത്യക്ഷ പ്രമ എന്ന് പറയുമ്പോൾ പ്രത്യക്ഷാ പ്രമാണത്തിന്റെ പ്രത്യക്ഷാതി എന്ന് പറയം പ്രത്യക്ഷം അനുമാനവുമാന ശബ്ദ അർത്ഥാവത്തിടങ്ങി പ്രമാണങ്ങളുടെ ഫലം അതാണ് പ്രത്യക്ഷാദീന പ്രമാണാനാം ഫലം എന്ന് പറയും അപ്പോ പ്രമാണങ്ങളെ ആശ്രയിച്ചാൽ എന്ത് സംഭവിക്കും പ്രമ സംഭവിക്കും ാവിദ്യുള്ള പുരുഷൻ പുരുഷനെ ആശ്രയിച്ച് പ്രമാണങ്ങൾ പ്രമാണങ്ങളിൽ നിന്ന് പ്രമാ അപ്പോ ആവിദ്യ പ്രമുണ്ടാക്കാൻ സഹായിച്ചു പ്രമയ്ക്കുപകാരിയാണ് അതേസമയം ആ പ്രമാവിദ്യ പാവിദ്യ പ്രമയ്ക്കു വിരോധിയാണ് വിദ്യ ആ വിദ്യയ്ക്ക് ക്രമവിരോധിയും നടത്തു പറയുന്നത് പ്രത്യക്ഷാദീനാം പ്രമാണാനാം ഫലം എന്നുള്ളതാണ് ഇന്ദ്രിയാണിന്നെയാണ് ബാധ ഇന്ദ്രിയാണി എന്ന് ഭക്ഷ്യകാരം പറഞ്ഞു പോരാ പോരായ്മാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം അതുകൊണ്ടിവിടെ വ്യാഖ്യാനിച്ചു പറഞ്ഞു ഇന്ദ്രിയാണി എന്ന് പറഞ്ഞാൽ പോര പിന്നെ ഇന്ദ്രിയ ആദീനി ഇന്ദ്രിയ ലിംഗാദീനിന്ന് വെച്ചാൽ ഇന്ദ്രിയെന്നുള്ളതോട് പ്രത്യക്ഷിന്ന് പറഞ്ഞിട്ട് അനുമാനം പറഞ്ഞ ഏരിപ്പ ചെയ്യുന്നെന്തോ ചെയ്യുന്നെന്തോ